<times> spring ോ അവർ വെറുത്തിട്ടുണ്ട് അത് വിപ്പിനെത്താ വയറ നിറയ്ക്കുന്നില്ലേ വെറുത്തിട്ടുണ്ട് ആർക്കു വേണ്ടി വെറുതെ സ്വാനീങ്ങൾ വയരുന്ന പാടില്ല അതിന് കാരണം വായന കൽവി ആയില് മാത്രം ു ആ രണ്ടിപ്പുനെ തോന്നുള്ളതിന് കത്തിലിൽ എന്തിനാ ഒരു പകുതി ഭക്ഷണത്തിനാൻ വാഴമിടക്കൻ എന്നതാണ് രണ്ടിപ്പുണത്തിൽ എന്ന് പറഞ്ഞത് അതിനർത്ഥം പാഹവറുള്ള അന്ന സോമീത്ത കരീമിൽ വിപ്ലത്താൻ എഴുതിയങ്ങൾക്ക് വാഴ നിറത്തിൽ അവർ കൊടുത്തിട്ടുണ്ട് വയ്യ ഈ മിത്രത്തെന്ന് പറഞ്ഞിബുളത്തിൽ അഭിസ്രാഹിബ് ബഹു അല്ലെങ്കിൽ സിബിനാക്കാണ സാഹിത്യ ആയിരിക്കും പറഞ്ഞു എത്ര വരെ ഇലാ രാഷ്ട്രീയവും ആരോഗ്യത്തിന് വളമുണ്ടാക്കാത്ത രാജ്യത്തിലേക്ക് ധാഹിദ്ധ്യം അവിടത്തേക്കാണ് കഴിയുമെന്ന് പറഞ്ഞത് എല്ലാ ആരോഗ്യത്തിന് ആനുകരമാണെങ്കിലും കറാമാകുന്നു അപ്പൊ ശിപ ആനികരമല്ലാത്ത രീതിയിൽ സാഹിത്യവരും ആണ് ഇവിടെ കറാത്തൂന്ന് പറഞ്ഞത് الذي <تصفيق> نار ماي مر وعاشا بها هذا ما هو تم برشارات تاكيد الى قول سيدنا ربنا رب الله هو رب العالمين اياكم اردنا انكم واردكن في سوقيتون وين راض به بنسلهه ادوتي صارست ديرا داسي بنيوم واو دينا ض نورين വതി പോസിന മുബീൻ ജവാരി അൻ ഖുറാത്തി അമ്നൻ ഖല അല്ലാഹുൻ തബാരിന തഫ് ബിന്നിബിചു വലി യം ഇൻ കൻ ലബ അൻറു വൽ ബത്ന ഖൽബിയാ ഹി സൈഫാഇൻ ലർദുൽ പാൽ ബത്ന ഖൽബിയാ ഹി സൈഫാ അൽ ഹിറാ ഖൗനിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതൽ നഹൗദേഷി ദാരത്താന ഇന്ന ശൈത്വാന യദീനി ബിബി അഗം ശൈത്വാന മിസ്ർ നടക്കുന്നതാണ് വസന തമീ സോദയോടുള്ള സദത്ത നടക്കുന്നതാണ് അതിന്റെ തോരവിടെ നേതെ കൊണ്ടുണ്ടാക്കാം സൈക്കാളിച്ചും ഇതിലാക്കും ഇപ്പോൾ വന്നിട്ട് തുടങ്ങണം അതുകൊണ്ട് ഇന്നും മതാണിജോ ചരിത്ര വരുന്ന മക്കളെ അതിന്റെ പ്രവേശനമാർഗത്തിൽ നിങ്ങൾ കുടുക്കണം ഇത് ജോലി രക്ഷത്തുകൊണ്ട് കൊടുക്കണം എണ്ണത്തിന് നിങ്ങൾ ഇറങ്ങിയില്ല ഭാവി പത്തനു വയറി ഇനം തല അത് നിറഞ്ഞു കഴിഞ്ഞാൽ കപ്പലോ തീപ്പിനി ശരീരത്തിന്റെ തോര ശക്തി അങ്ങനെ തന്നെ വയറു അത് കഴിഞ്ഞാൽ ചോരം കളവു സ്വരം അടങ്ങുകൾ ചൈതാനിപ്പ സിത്താൻ അപ്പൊ ചൈത്താനുണ്ടാക്കുന്നു സ്വരമാണെന്ന സ്ഥലം വികാരമായി തന്നെ അലങ്കിൽ വസാദിച്ചു വസാസുകൾ ഈ തന്നെ ചിന്താഗതികൾ ശരീരത്തിന്റെ ഭാരം മടി മുതലായ ഭർത്താക്കം ചൈത്താനേ പഠിച്ചിട്ടുള്ളതാണ് കൽ അപ്പോൾ അവന്റെ ശരീരം തൈത്താനിക്കുന്നത് മാത്രം പോലെയാണ് ഇത് മാറ്റ അവൻ എന്തെല്ലാം നടത്താമെന്ന് നിർത്തി പദ്ധതിക്കാരുക്കുമാർ അനുഭവിച്ചത് ആ മകനോട് പറഞ്ഞു ഞാൻ പുലിയ ഇത് കുഞ്ഞി അതിൽ വന്നു ഗ്രാമത്തെ ദൃശ്യത്തിന് പ്രസാദിത്സിക്കപ്പെട്ടു അവനെ വായന നിറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി തുറന്നു തുടങ്ങി പിന്നെ കുട്ടുമത്തിൽ പൊട്ടയിൽക്കുന്നു സംസാരിന്റെ കുട്ടുമത്തിന്റെ താപ്പു പൊട്ടനിക്കുന്നു ബുദ്ധി ഭന്റെ സന്തോഷവും വാല്യജനാവ്ലാശം തുടങ്ങുന്നു മലപ്പൂട്ടമാനാത്തിന്റെ മലപ്പൂട്ടിലേക്ക് പ്രവേശിക്കുന്നതല്ല പമ്പോ പത്തിനോ മഴ തന്നെ നടത്തുന്നില്ല മസി മസിനാണോ നടക്കത് അവൻ മണപ്പൂത്തമാവാസി പോകില്ല ബിജെൻഡല്ല മനസുക്തമാവത്തിലേക്ക് പോകും അമീൻ യാ റസൂലല്ലാഹ് മസ്ദഖുന അസ്ജനറിൽ നിന്ന് അപ്പന ആടാന നിന്ന് ഗോവിച്ചപ്പോൾ കാൾ തങ്ങളെ പറഞ്ഞു മങ്കാന സാംമൂദാർമൂദാന സാംമൂദാർമൂദാന അവൻ നടന്നം കൊണ്ടിറുവവന്റെ ശരീര കൊണ്ടിൻ ദേ ഓർക്കും സൂയാ റബി അഭിമുഖീ ആവർത്തമോ അവർക്കുമാക്കാനാവശ്യമായ ബന്ധപ്പെടും കൊടുക്കപ്പെടുകയും ചെയ്തതിന് കൊടുക്കത്തി കൂടെ തിരിക്കാനുമില്ല കൂടെ കുന്നാലുമില്ല ഒരുപാട് ധരിക്കാനും മഹാതെമ്പാട് അനിയ ചെല്ലാർ ചെറുപ്പത്തോ മറ്റടമോ നിങ്ങൾ ധരിക്കുകയും കുടിക്കൂക്കൂലോ നിങ്ങൾ ശ്രദ്ധയും ചെയ്തു കൊണ്ട് സമരം കുടിക്കണം ധരിക്കണം അവരുടെ കച്ച മതിന്റെ പ്രകൃതിയിൽ തമ്മിൽ എന്ത് അത് രൂപത്തിന്റെ ഭാഗമാണ് പ്രകൃതി മാത്രം നിങ്ങൾ രൂപത്തിന്റെ ഭാഗം കൊണ്ടാപുകൾ കത്തിളത്ത് കൊണ്ട് നിങ്ങളുടെ കൽപ്പിനെ നിങ്ങൾ മരിപ്പിക്കല്ലേ കാരണം കൽബും കൽ അത് കൃഷികള മാതിരിയാണ് ജമ്മൂത്ത് വെള്ളം അധികരിക്കാനുണ്ടായിപ്പോ കെട്ടി തിന് കൊണ്ടല്ല അതുപോലെയാണ് ഭക്ഷണം കൽവിന് ഭക്ഷണം കഴിയാനും ഉണ്ടാവുന്ന പ്രശ്നത മനായിക്കിമം കല്ലതാ മൂതു ദുന്യാവിൽ വെച്ച് ഭക്ഷണം ചുരുക്കി ആളുകളെ കൊണ്ട് അന്നാമ അഭിമാനം കൊള്ളുകയാണ് ി പറയും അള്ളാഹ പറയും ഒന്നുറോയിലെത്തലേറ്റുഹോ താമി വെച്ചതാവിഞ്ഞ കുഞ്ഞാവിൽ വെച്ച് താമൃച്ചറാബ് കൊണ്ട് ഞാനവിടെ പരീക്ഷണം നടത്തി എന്റെ അവതിന് നോക്ക് പറ്റേ പൂ എത്തുറു കുഹുമാണല്ലേ അങ്ങനെയുള്ളത് ഒന്നിക്കും ചെത്തുറുക്കുവാക്കണം അപ്പ തണുത്ത ഹുമാ ർത്തുന്നു മാത് അവൻ ഉപേക്ഷിച്ച ഏത് തീച്ചയുണ്ടോ അവർക്ക് അവനാണ് ഉക്കിലെത്തുന്നത് ഇല്ല അവന് സുഹൃത്തിനകം തിരിച്ചെന്ന തുറത്തിട്ട് അതിന് പകരം ഒരു ദിവസം അവന്റെ പകരമാക്കിയിട്ടല്ലാതെ ഇല്ല ഒരു കൂടി വർക്കാതെ അത് ഇപ്പോൾ കൂട്ടാനാവസ്ഥ കൂട്ടാൻ കുറച്ചാൽ وقد قرات في كتاب الله يعني انه قال ومدد الفجار ما امر الله بالغول ويرى وتشتند اصره فباغيدا انما فباغيدا قط فائده على الوني ال اولى ظواهن كن بل كن بل تريدون وين باذك عليه مدد ذات طلقتو وتهود وقول البطيره بطيره كن الله بوجهك പരിഹാരത്താമത്തെ ആളുടെ ബുദ്ധിയായി ഭക്തരത്തിൽ നമ്മളെ സ്പെഷ്യൽ ബുദ്ധി കണ്ടു അത് ഇതുകൊണ്ട് പകിന്ന ശിവ ഇതിനോപ്പോസിറ്റാണെ വയർ നടക്കരുത് ദൂരത്തിൽ അതെ വനാകത്തിനുണ്ടാക്കും ബുദ്ധി മാന്യ മ്ലാനുണ്ടാക്കുന്നു ബുദ്ധി മാന്യതാന്ന് പറയുന്നത് വയൊക്കത്തിൽ അത് കറുപ്പ് ഉറപ്പിച്ചു കളയും ഒരു തരം നീരാവിപ്പിക്കും കശകരി മത്തിന്റെ രീതിയിൽ അതെങ്കിലും മയക്കം വരും അങ്ങനെ സിക്യൂറിന്റെ കേന്ദ്രങ്ങളിലേക്ക് അത് ഉണ്ടാക്കും ഇങ്ങനെ ചുറ്റി പൊടി നിൽക്കുമ്പോ പിന്നെ സിക്യർ ചരിച്ച് കൊടുക്കില്ല മാതിരകളിലേക്കോ മറ്റുപിടിച്ച് പറഞ്ഞാൽ തറയും അത് കാരണത്താൽ കൽബു ചുഗലാകും അനിൽ ജെറയാനി ചില്ല സിക്യൂറുകളിൽ ഇങ്ങനെ ഓരോക്കല്ലെത്തും വിട്ടിട്ട് ചെയ്തായി കളിയുണ്ട് അനിൽ രണ്ടാമത്തെ ഫായിത അത്രയൊക്കെ ഇഷ്ടത്തിൽ കല്ല കല്ലിൽ ഒരു പദം കിട്ടും കാഠിനം തിരിച്ചു അല്ലരി എങ്ങനെയുള്ള സഭാ കാണി തെളിഞ്ഞു അതുകൊണ്ടാണ് അവൻ തയ്യാറാവുന്നതിന് എതിരാക്കി ലോനാ അള്ളാമുൻ മുനാജാത്തിന്റെ വിധി ആസ്വദിക്കാൻ അതുകൊണ്ടാണ് അതുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് പദം കിട്ടിക്കലും അത് അതിൽ കൂടിയാണ് അതുകൊണ്ട് പക്കമ്മയും എത്ര അത്ര ദിക്കറുണ്ട് എതിരിന്റെ മരി ഹുണ്ടാവും ഹഗോറോ കൽബ് ഉണ്ടാകും എന്നാൽ അയൽ പദ്ധതി അതുകൊണ്ട് രുചി വിട്ടില്ല എട്ട കന്ന ബൈലിക്കിരി ഹിജാബ് അവന്റെയും അതിന്റെയും ദിക്കലിന്റെയും മടയിലെ ഒരു ഹിജാബുറ്റമാണ് ഇപ്പോൾ അതെന്താ ഈ കഥാപത്തിൽ കൽപിനു അയനാമാറ്റം മധുരമായി തുറന്നിലെപ്പോന്നറിയോ ഇതാ ലത്തിന്റെ ലഹ്ര് ബസ്സിന് ഒക്കെ ചേരണം ഉള്ളിനെ ഒന്നും അതിൽ ഒട്ടി ചേരുന്നില്ലല്ലോ ഇതല്ലേ ബസ് ഇതല്ലേ ലഹ്റും ലഹ്റും മസ് തമ്മിൽ ഒത്താണക്കും പേരും ഒട്ടി ചേരണം ഉള്ളിന്നുണ്ടാകാൻ പാടില്ല അപ്പോഴാണെന്നുണ്ടാല് വിഭാഗത്തിന്റെ രുചി ആസ്വദിക്കുന്ന ആണ് ുംഹ്ലാൻ നിങ്ങൾപ്പെട്ട ചിലര് അറിയിച്ചു കൊട്ട ഉണ്ടാക്കി തീർക്കുന്നു കൊട്ട ഒന്നിലേക്ക് തർക്കം ഉണ്ടാക്കി തീർക്കുന്നു വഴി എഴുതി എന്നിട്ട് അവൻ വിചാരിക്കുന്ന ഈ അതിന് ആലാമത്തിന് മുന്നാചാരത്തിന് മൂന്നാചാരത്തിന്റെ ആലാമത്തിൽ ആശ വെക്കുകയും ചെയ്യാം ഇതെന്ത് പരിപാടി അള്ളാഹുവിന്റെയും പിന്നിടയില് മറ്റേക്ക് വലിയൊരു കൊട്ട ഒന്നിലേക്കിനെ മറക്കിട്ട് ത്തിന് അലാമത്ത് മാതൃ ചിന്തിക്കണം എന്ന ആഗ്രഹത്തിന് എന്തെങ്കിലും അറ്റാരികത്തോ മൂന്നാമത്തെ ആയിര മറങ്ങുമല്ലിംഗിസാർ മനസ്സിന്റെ താഴ്മ ദുല്ല് അതുപോലെ ഇതു ഇല്ലായ്മ ബഫറു അതുപോലെ അമിതമായ സന്തോഷമില്ലായ്മ അശ്വറു എന്ന് പറഞ്ഞാൽ ആ പഴയവർക്ക് പ്രോത്സാഹിക്കുന്നവരി അമിതമായ ആ വിയോജിക്കപ്പെട്ട പോസ്താഹിട്ടല്ല അതെ നമ്മൾ പോകും അല്ലതി അതൊക്കെന്താകുമോ മബുദ തൊഴിയാനിപ്പ് വപ്പലത്തിനല്ല തോന്നിയാനിന്റെയും അന്നാഹകുമാരഹുമാനാ തൊട്ട് വപ്പനത്തിന്റെയും കേന്ദ്രം ഇപ്പറാക്ക അതൊക്കെ ഇല്ല വല തങ്കു നെഫ്സു അത് നഫ്സ് മുൻകക്കറാവൂല് വല തറൊബിശൈതുകൊണ്ടും അത് വഴിയുമാകൂല അമണതില്ലെങ്കിൽ ജോലി കൊണ്ട് ശരീരം ആണെന്ന് കൂടെ ഉറന്നുണ്ടാവില്ലെന്ന് പറഞ്ഞു പോന്നില്ലേ എല്ലാ അഭിപ്രാക്കളെ വിളിച്ചിട്ട് ചെയ്യുന്ന യുവാക്കളൊന്നും അല്ല ഇതാക്കൂല്ല വശപ്പു കൊണ്ട് താക്കി കഴിഞ്ഞാൽ ശരീരം ഇപ്പോൾ ഉണ്ടോ വെച്ചനുഭവിച്ചു കഴിഞ്ഞാൽ റബ്ബിന റബിനെ കൊണ്ട് കറങ്ങിക്കൂടും അത് പൊട്ടുകയിലാകും അതിന്റെ പൊങ്ങറ്റം മാറ്റി വാ കാട്ടിക്കുല്ഹ എത്രത്തോളം അരുത് ഉണ്ട് ബൊല്ലുണ്ട് എന്ന് അഞ്ഞ് മനസ്സിലാക്കാനും കഴിയും കത്തിക്കുന്ന അത് അയ്യും ബത്തറി ജീവിതാട്ടിൽ അത്തറെന്ന് പറഞ്ഞിന്റെ നിയമത്തുകൊണ്ട് ഇതുണ്ട് നിയമത്ത് പോത്താ പതിൽ കണത്തി എന്നുണ്ട് ആഹ്ലാദ പ്രകടനം അറുവാമത്തേത് അല്ലായി മാതാബു അള്ളാഹുവിന്റെ ബലായിലി മാതാപിതി മറക്കാതെ ജീവിക്കാം വല എൽസാ ഹെൽബിരാതി അതുപോലെ നാട്ടിലുള്ള കുറെ ആളുണ്ട് പട്ടി പാതങ്ങൾ മറക്കൂല ഇങ്ങനെ ബസ്ബില്ലാതെ എത്ര എന്തുകൊണ്ട് നമുക്ക് ഒന്നേ ബസ് ബുക്ക് നമുക്ക് ഇങ്ങനെ കഴിഞ്ഞാലും വയരം നിറഞ്ഞ ആളുകൾ എന്താക്കും ദശമാളൊക്കെ മറന്നു നോക്കാം മാറും ಇನ ಯೂಸುಫಾ ಅಲೆ ಇನ್ನಾಮನು ಚೋದಿಕಪಟ್ಟ ಮಾಲಕ ತಜು ಉ ನಿಂಗಲ ಬಿನಿಂಗಿನ ಮಟುದಿ ಕ್ನಕು ವಾಂ ತಾನಾ ಖಜಾಇಲ್ಲಾಹು ಗೋಮಿನ್ ಖಜಾಅನಬ ಅಲ್ಲಾಹು ತಾ ನಿಂಗಲ ಗರ್ತಿಕನ್ನಿಲೆ ನಿಂಗಲ ಬಿನಿ ಮಟಕುನೋ ಸಖಾಲಾ ಮರ್ ಬರ್ಜಾಫಾ ಅನ್ ಅನ್ತರ್ಜಾಇಹಾ ಬೆತಕ್ಕಿನ ಮಟಾರುಗಳು ನಾನು ಬರು ಹೋಗೋಣ ಅಂತ ಹೇಳು ವನ್ ಅಬ್ದುಲ್ 파ಬಿನೋ 파ಬಿನೋ ಅಂತ ಅಂದ್ರೆ ನಿರಂಗೆ ಹೋಗાડ ಅಂತ അമിതമായ നിയമത്തെല്ലാം കിട്ടിയിട്ടിങ്ങനെക്കാരുടെ രീതിയിൽ അവിടെ ലാഹിദ് മല എന്നില്ല ഏതെങ്കിലും മലായി കണ്ടാതി മരണാടത്തിന്റെ മലായി ഓർക്കാണ്ട് നിൽക്കൂല അപ്പൊ പൈസടക്കും ജോലി അവ ഇവന്റെ ജോലി കൊണ്ട് അവർക്കുന്നു ജോ അഹലിന്റെ ആ മരണത്തിന്റെ അനുകാറോ ജോലി ഓർക്കും അത്തച്ചിങ്ങില്ലാത്ത യോഗം എത്തിയാമ ഭാരം കൊണ്ട് പല ലോകത്തിലുള്ള താഹത്തിയ ഓർമ്മ വരും അതാണ് ഫാമിത അവരാളെ അവസ്ഥ അൽ ഫാമിതക്കും അഞ്ചാമത്തെ ഫാവിത കത്തുള്ള ചർമ്മത്തിൽ മാസീ കൊച്ചൻ ചെയ്യുവാനുള്ള ചർവത്തിന് ഇല്ലായ്മ വനിപ്പിയിലെ മേലെന്താക്കാൻ നമുക്ക് അധികാരം ചുമത്താം നെഫ്റ്റിന്റെ അപ്പോ എന്തു കത്തുറിനോടൊക്കെ പോകണം കത്തുറു ചെറുപത്തിൽ മഹാ ചെയ്തി മാറ്റി എഫിന്റെ ചെറുപ്പത്തിനെ പുറത്തതും വലിപ്പിയിലെ നെഫ്സിന്റെ മേലെ നമുക്ക് അധികാരം കിട്ടണം നെഫ്റ്റ് ഒടുക്കുകയും അധികാരം നീക്കരാക്കതും എനെ ഉണ്ടാക്കും മനുഷ്യൽ മാസി എല്ലാ മാസിയത്തിന്റെയും ഉറവിടം അച്ചാത്തു ചഹബാത്താകുന്നുവൽ കു മറ്റുള്ള കുമ്പത്തുകളുമാകുന്നു കുമത്തുകളും ചഹവാത്തു അപ്പൊ മാദ്ധത്തുമായി ചഹബാത്തിന്റെയും കുമ്പത്തിന്റെയും അടിസ്ഥാന മാർഡം തമ്മിലല്ലി ഭക്ഷണങ്ങളാകും അപ്പോ അപ്പൊ തകളീരുഹുമ ഈ അക്രമത്തിനെയും അകലീത്തിനെയും കുറയ്ക്കാൻ യുക്കം വീറു കൊല്ല ചരവത്തിനും കുമ്പത്തിനും എല്ലാ ചകഭാഗത്തിനെയും കുമ്പീരൻ തന്നോട്ട് അടിച്ചമർത്തിക്കണം അസാധിമത്തും നൗമിലെ ഇല്ലാണ്ടാക്കാൻ കഴിയും നല്ലവണ്ണം ഉറപ്പോട്ട് അടിക്കുന്നു അത് ആ കൃത്യസമ്മേളനം മുതലാക്കാതെ മുതലാക്കുന്നത് ഭാരങ്ങ് നിറച്ചാൽ ചതിപ്പമീരൻ നല്ലോണം കുടിക്കുന്നു അവർക്കത്ര ചുവ ഒറിയാലോ കത്തരനോമോ ഉറക്കം കൂടും വഴി രാജ്യ സ്വാലവാതിൽ മറ്റായക്കന്മാരോ പറഞ്ഞു മാറ്ററിൽ മുനീരീൻ മുരീതന്മാരോ കൂട്ടമേ ലാറ്റുരു അധികമായി അധികം കുടിക്കേണ്ടി വരും അപ്പൊ നല്ലോണം ഉറങ്ങേണ്ടിയും വരും നല്ലോണം നഷ്ടം സംഭവിക്കും പറഞ്ഞിടത്തോളം നഷ്ടല്ലേ കത്തിടത്തിൻ്റെ മീനുണ്ട് തണയ്യ കലമ്പര് പാഴാക്കലുണ്ട് ഒരു പണിയിലാണെങ്കി മെച്ചിറക്കല്ലേ പ്രഭാസുസ്തകത്തിൽ നഷ്ടപ്പെടലുണ്ട് ബനാല തുസ്തഭണ്ട് ശരീരത്തിന് മുന്തി മുത്തിക്കും മണ്ണ സംഭവിക്കും കത്താപത്തിൽ കൽബുണ്ട് അല്ല രീ എങ്ങനെയുള്ള കൽബാണോ അമ്പത്തിൽ ജവാഹിരി കുറകത്തും ആരെല്ലവരീ ഒരണയെ സംബന്ധിച്ചോട്ടെന്ന് അല്ല ആരുടെ മുതലേതന്നെ തരുത്തു നമുക്ക് കിട്ടില്ല അതാണ് ജവാഹന്റെ കൂട്ടത്തെ മിനകൂട്ടിക്ക് ജൗഹറും അത് തന്നെ അതിന്റെ കഥാപത്ത് വന്നു ഇന്നാമിയാമത്തെ ഇബാദീൻ മാത്രം അതിനേശരിയെന്ന് അതിനപ്പുറം നോക്കണം ഇബാദത്തിന്റെ പേരിൽ മുബാ ലഭത്താക്കാൻ സാധിക്കും എന്നതാണ് അത് സൗകര്യം കൂടുതലുണ്ട് അതാ പൈന യംനോമിക്രത്തിന്റെ വിവാദത്തിൽ തിന്നാതി വിവാദത്തിന്റെ തസ്ത്രത്തിനെ തടയും ഞാൻ ആപ്പാതിലാ സമാതിൽ അക്കൽ അക്കലെ കൊണ്ട് എന്ന സമയം തന്നെ കൂട്ടാ പറയാൻ തമ്മെ ദുഃഖം പറയാൻ സമയം പിടിക്കുന്നു ഹെറ്റാദിയില ഇരാതി ചിലപ്പോൾ അതിനെ പറ്റി കീർത്തി വരും കാരോണ കുമ്പെല്ലാം കൂടാതെ പറ്റി കീർത്ത ചെയ്യേണ്ടി വരും وم يتردد الى <سؤال> بيت القعاد <سؤال> و بيت القعاد <سؤال> اليه പോയി കൊണ്ടും കൊണ്ടും നിക്ക്ണ്ടി ഇവരൊക്കെ സമയത്തെ അതാണ് വൽ ഔകാതിൽ മർദഫുത് ഇദാ ഹാദി ഇദിലേക്കത്തെ ചില വാക്കത്തെ സമയം നിർമിച്ച് കൊണ്ടിickettsുന്ന ടോട്ടൽ ഇദ നോവ സ്വറഫഹ ഇദ ദിക്രി വ മനാദതി വ സായർ അഫാദത്തെ ജൂർതൻ ഇല്ല അലമരിഹു വ സ്വർ നാമുള്ള അതോടയിരുന്നു വ കസറ ഫൈറുഹു വ മിമ്മാ യതഹദ്ദുറുമാ കത്രത്തിൽ അക്ലി അമിനമായി തിന്നാൽ മുത്താൻ തെളാൽ കാര്യത്തിൽപ്പെട്ടതാണ് തവാ മെൽവന്നോയി നിലനിർത്താൻ കഴിയൂല ധാരാളം തിന്നാ പിന്ന മു നിലനിർത്താൻ കഴിയൂല ഒന്നും കാറ്റ് പൊയ്ക്കോണ്ടിരിക്കുക അല്ല ബീറ്റി പോയി ബീറ്റാൻ പോയിക്കോണ്ടിരിക്കണോ രണ്ടാമത് ഉണ്ടാവും കാറ്റിലെ മുന്നിലേ മുതൽ മുറി ഈ പ്രചര് മൂത്രത്തിലേക്ക് പോകല്ല ആ അതുണ്ട് ആ മുഖം പോയിക്കോട്ടു കൂടുതൽ പോകല്ല മുത്രത്തിനേക്കാരിക്കലേ പ്രശ്ന കാറ്റ പ്രശ്ന വരിക അപ്പൊ മുട്ടിക്കോട്ടു കാറ്റ് പോകുന്ന മുദ്ര കുറയും പിന്നെ ഈ സമ്മർദ്ദം കൊച്ചുപോയുന്നില്ല അത് വെദ്യല്ലേ കിട്ടുണ്ട് വരട്ടെ കാര്യം പറ്റി വരട്ടെന്നര് അപ്പൊ മുനാഗമത്തിൽ മത്തി സാധിക്കൂല പള്ളിയിലേക്ക് കയറി കുറച്ചൊക്കെ മൃഗം മുദ്രിക്കാൻ പറയാനേ കൂടുതൽ ഇൻഷംഗ് ചെയ്തില്ല ി കാറ്റുകൊടാനും അതുപോലെ തന്നെ വെള്ളം ഒഴിക്കാനും ഉണ്ടാക്കണം പുറത്തു കൂട്ടി വരും അതുപോലെ അത്തരത്തിൽ അക്കിലോട് കോടി മണ്ഡലം അതർത്ഥം അതാ പറഞ്ഞു കൂട്ടുകാരണം ഇവരിക്ക് വിശപ്പ് സൈക്കിരി ശീലുണ്ടാവില്ല അപ്പൊ നോമ്പായിരിക്കും കുട്ടിക്കാൻ പയ്യട്ടു പൈസ ടാക്സ്റ്റർ നോമ്പ് എളുപ്പമായായിരിക്കും അനിയമൻ താമസിച്ചു ആ ജുവന്റെ പതിവാക്കിയൊക്കെ നോമ്പ് തയ്ക്കുകയുള്ളൂ ജോലി കാര്യം മറ്റൊന്നും തരും കരില്ല അറ്റാമിനു അറ്റാമത്തെ പാട് നിഷത്തുൽപാദനി ശരീരത്തിന്റെ ആരോഗ്യം തന്നെ നമ്പാവി പല ദ്രോഹങ്ങളും തടുത്താൻ കഴിയും പൈന പ്രബൽ അമ്പാ ഈ അധിക രോഗങ്ങളുടെയും കാരണം ശത്രുലത്തിലാകുന്നു പണത്തൂര് മധുരത്തിൽ അസലാ തീന എത്തുന്ന എത്തരാത്ത സ്ഥല സാധനം മാഗത്തിനല്ലോ യംനാമിനുള്ള വിഭാഗത്തിന്റെ അറിയില്ല കല് ദിനെരി വർത്തിക്കിരി നിൽക്കുന്ന സ്വത്വം തത്വം തടയും വൈകുന്നേരത്തൊള്ളായിട്ട് ആ ജീവിതം തന്നെ കൊടുത്താൽ തോന്നും തങ്ങൾ പറഞ്ഞാൽ മരുന്നുദ്ധാകൾ ഞെൻജത്ത് വസു ശുദ്ധമാങ്ങൾ പറഞ്ഞ മറ്റു താമാശയം എല്ലാ കായി കേന്ദ്രമാകുന്നു പത്യമാചരണം എന്നത് എല്ലാ ജീവിതത്തിന്റെയും വൃത്താകുന്നു എന്ന് പറഞ്ഞത് മറന്നുപോലിക്കലല്ല പത്യാചരണമാണ് എത്തുന്നത് സ്വതന ജീവിത മറ്റേത് രസായ ജീവിതം എന്നാണ് പറഞ്ഞത് മേന്നു സഹരിയത്താക്കുന്നേ ി എല്ലാതായി മറ്റേ ബോസുണ്ടാകുന്നു പറഞ്ഞു ഇങ്ങനെ ജയിക്കന്മാർ വരേണ്ടതാണ് ബഹുത്തൊണ്ടെന്നുള്ള ലോഡുണ്ടാകും ഭൂത്തുണ്ടല്ലു വായു വായുബാധയല്ലേ ആ ഇങ്ങോട്ട് പല ലോഡ് ശരിക്കും മുഖ്യമന്ത്രി എല്ലാവരും തന്നെ ഇങ്ങനത്തെ അസുഖിയുണ്ട് ഭാര്യ നിറക്കലാണ് അല്ലാതായും അച്ഛൻ എണ്ണും മത്യ അതിനാണ് അസുലത്തവാദ അഭാക് അസുലത്താബു പലാസിഹത്തിന്റെ അസിപ്പായി അഹൽ കിത്താബ് അഹല കിത്താബിൽ പെട്ട ഏ ഡൊപ്പം വേണല്ല അത്തിപ്പാ അവഹത്ത് കേട്ട് കൗരവോ സ്വന്തമാലിയും എത്ര നമ്മള കൗലിലേക്ക് കേട്ട് ഏതോ കൗലി ിം വസുറാബിൻ വസുത്തിൻ മൂന്നിരുന്ന ഭക്ഷണം മൂന്നിരന്ത വെള്ളം മൂന്നിരുന്ന കാറ്റിന് വേണ്ടിയിരുന്നു ഇത് നടക്കുക ഇത് അകൽ കിട്ടാൽപ്പെട്ട ചില പഴസപ്പക്കാട് കേട്ടപ്പം പറഞ്ഞു ഇത് ലഭിക്കേ പഴങ്ങയുള്ളൂ സാധാരണ വാക്കല്ല മഹാസമയത്തെ കഥാമൻ ഈ കല്ലെ ഹറ്റകമിന്ന് വഴിഞ്ഞമാണ് ഹക്കീം ഇതൊരു ഹക്കീമിന്റെ കഥാമു തന്നെയാണല്ലോ ഇതിനാൽക്കാണ് മെച്ചപ്പെട്ടത് വരാം ഈ സെറ്റി പറയാനില്ല എന്നാണ് അതിന്റെ ശരിയായ അളവുകൾ പറഞ്ഞിട്ടാണ് അത് നമ്മളെ കളയത്തില്ലേ തണത്തെല്ലാവരും പറ്റിയും അതിന്റേതായ ആധികാരികമായ വിവരങ്ങളും എടുത്തിട്ടില്ല ബഹാൾ എങ്ങനെ സാറേ റതിയുള്ള എന്ന് പറയുന്നു മന്നകല പൊബുതൽ ഗോതമ്പത്തിന്റെ ഒരു ഒട്ടിലളുക്കുന്നു ബ്രാഹ്റ്റെന്ന് പറഞ്ഞാൽ അങ്ങനെ പക്ഷെ അങ്ങനെ ഒന്നിനും കൂടാൻ എല്ലാം ഒന്നും ഗോതം കുമ്മിട്ട് കുന്നുണ്ടെന്ന അത ഈ പറഞ്ഞിട്ട് അത മീൻ തിന്നണ്ട പോര തിന്ന നല്ല ഓനിക്ക് ഓയിൽ രോഗം ഉണ്ടാവില്ല ഇല്ല ഇല്ലത്തിൽ മോട്ടും മരണമല്ലാത്ത വേറെ രോഗം ഉണ്ടാവില്ല തീ അപ്പം ചെയ്തു അമ്മ അല്ലാതെ അന്താ അഥമ എന്താ വേണ്ടി ആ ല ഏഴുക്കിനു ബാതിൽ നല്ലോണം പെട്ടെന്ന് തിരിച്ചേക്കും തിന്നുകയും പഴക്കം കബലിൽ എത്തില്ല ഈ വാരം നിറയെ മതിയൊക്കെ ചെയ്യണം അത് അതാ അത് ആ കടയാവുന്നില്ല തോരം അതൊക്കെ സീറ്റിക്കാരൻ കോതില്ല സീറ്റിനാജാക്കന്മാരും മതബ അതൊന്നും കൂടെ പറയണ്ട കുമ്പോഴത്തുഹോ ഈ മസുഹൂറായ കപറിലുണ്ട് നിങ്ങൾ നോമോച്ചോ ആരോഗ്യം ആരോഗ്യം കിട്ടിക്കൊള്ളിയും അത്താസി അമ്പതാമത്തെ നോവിനെ തീ ചെലവ് ചുരുക്കല്ലെന്നതുണ്ട് തിന്നാമ്പടി കൂട്ടാത്ത ചെല്ലാം നമുക്ക് നല്ല ചെലവ് ഇരുന്നില്ലേ കാലപമതാസിന്റെ തന്നെ അതാ ഒരാൾ ചില്ലത്തുള്ളക്കൽ അക്കലിന്റെ കുറക്കൽ പതിവാക്കിയാൽ കപ്പാഹമിരൽ മാറി കറു കഞ്ഞ തീർ മുതൽ ഇഞ്ഞ് കുറച്ച് മാത്രമല്ല പോണു വല്ല തീറ്റ അമ്പതെച്ചില്ല ആ ഒരാള് വയറന്നെത്തിരുന്നല്ല പതിവാക്കിയാലോ താറ പതഗോ അരിയൻ ഓന്റെ വയറുണ്ടാവും തറക്കാരനാക്കി മാറും കടമ്പറാക്കി മാറൂ കടമ്പായി മുരാജമാൻ എപ്പോഴും രാജ്യമാക്കും ചെറുപ്രകൃതി ആക്കി തീ കൊല്ല ഗവൺമെന്റ് ഓരോ ദിവസവും ഉണ്ടാകും അവന്റെ പിടികൂടാൻ ആളുകരുന്നു ബാറ്റിലിട്ടു കടമാങ്ങായിട്ടും ബാറ്റിലെ പിടിച്ചാ നല്ല കിടക്കാൻ പോലെ ഹറ്റപ്പോന്ന അത്തപ്പോൾ നിന്നാ മഴ തിരിക്ക് വന്നാൽ പോലെ ടെൻഷനാക്കുന്ന കാര്യം പിടികൂടാൻ പറ്റും ഇറക്കുമല്ലോ എന്നിട്ട് പറയുന്നു മാതാ കേൾക്കുക ഇന്നെന്താ തിന്നു ഇന്നെന്തൊക്കെയാ തിന്നാന്നല്ലെന്ന് ആകെ ലീറ്റാന്നു തയ്യാറാക്കി മതാക്കല പ്രതിയ അങ്ങനെ എന്തെല്ലാം കൊള്ളരുതാത്ത മതത്തിലുണ്ട് അവിടെ എല്ലാം കേറി ഇറങ്ങണം ഏഹ് സീരുതേനെ പോകണം അതിനപ്പാടി മാർക്കറ്റിൽ പോകണം അപ്പം രജാതാക്കപ്പെട്ട സ്ഥലത്തേക്ക് കയറി കഴിഞ്ഞിട്ട് വരാണ്ട് മനുള്ള വിടുന്നേ ഇല്ല കുറക്കുണ്ടാകുന്ന മത്തിയാലും പുള്ളനും കൊഴുപ്പിലും വല്ല രൂപമാകാൻ വേണ്ടി അപ്പോഴത്തെ കസ്റ്റല്ല മാർക്കറ്റിൽ പോകണം അപ്പം ഏതെല്ലാം സ്ഥലങ്ങൾ കേറി ഇറങ്ങണതിനു വേണ്ടി കൽക്കിട്ട് പോണം കണ്ണൂരിക്ക് പോകണം போட் நீயே திரும்பணும் என்ன வரே ஒயத் திமுல் ஹராமல தாலிகன் திவரும் ஒய ஏதா அப்பகுசி ஸ்பரியஹ்சீய மாங்க குட்ட கன்னை ஆவில் ஹலால ஹலாலன்ன குட்டு சம்பார்க்கி என்ன ஒய வில்லு ஒன்னே வெரீன கே இல்ல ஆகுல்ல கர்மัง ஈது மத்து உருபமா யமுது айதஹோ இடத்த மதென கவத்தி ஜெப பாடுடர உத்தரண்டன கிறிஸ்டினேட்ட அந்த போனே கண்ணு நிமிர்ந்து நோக்குறது பைதவரே ആറപ്പുഴം കിട്ടോളി അന്നും വിട്ടുകൊണ്ടി ഒന്നിനും കിട്ടോണം ഇങ്ങനെ മറ്റുള്ള ആളുകൾ കിട്ടുന്ന ക്യാൻസിലേക്ക് കണ്ടിട്ട് നോക്കി ഇതോ വർവായത് മഹാന ഇതിനാക്കാളെ വില്ലും മഹാനെന്നും പറയാനുണ്ടോ വൽമുർമിനോ മുർമിന്റെ അവസ്ഥ ചെലവ് വളരെ ചുരുങ്ങിയ ആളായി ചേർക്കും അതാ മുഹമ്മിനുടെ ലക്ഷണം ഇതൊക്കെ രക്തം ചെലവ് ലാ യുദില്ു രക്ത ഹോക്കി ചെലവത്തിൽ ബത് വാത്തിനന്റെ ചെറുപ്പത്തിന്റെ ഇവിടെ നിക്കൂല പത്താമത്തെ പായി മറ്റുള്ള ആളുകൾക്കും കൂടി നാളെ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ല സ്വന്താ വിശ്വസിക്കും മറ്റുള്ള ആൾക്കും കൂടി അതിനിടെ തൗകിലെ കൊടുക്കും കൊടുക്കാൻ ഇതിൽ പകുതിയെ മനസ്സിലാക്കിയില്ല മിച്ചവരെന്താക്കാം മുസ്ലിംമാർക്ക് സഹായിക്കാൻ സാധിക്കുമല്ലോ വഴക്കൂടെ അവൾ കയ്യാമ്പത്തിൽ ചതക്കത്തെ കഴിയാമ്പതനാളിൽ ചതക്കന്റെ നെടിലായിക്കൊണ്ടെന്ന് തെളിഞ്ഞുകൂടാണെങ്കിലും കമാ വലത അങ്ങനെ വലുതായിട്ടുണ്ട് അപ്പൊ കമാ എഴക്കുനുഹോ ഇവരെന്താ തിന്നുന്നത് തോൽക്കനീ പതിന്റെ പ്രസാന കണ്ടാത്തതിരിക്കുമല്ലോ തിന്നുന്നത്തോളം അനീക്കോട്ട് അത് കേന്ദ്രം കണ്ടാത്തൊക്കെ നടത്തുന്നുണ്ട് എത്തക്കും ഈ തുടക്കം കൊടുക്കുന്നത് പത്തിനൊക്കെ പകലുള്ള അന്നാടെ പകലിലേക്കാണ് തടക്കം കൊടുക്കുന്നതല്ല പോയിത്തീരുന്നത് അമ്മ പറഞ്ഞാല് നടക്കേണ്ടത് അതാണ് വേറെ നടക്കാൻ ചെയ്താലോ അതാണ് വേറെ പല ഇതിലെ പതി മിമാലി ഇല്ലാമാക്ക പമ്പാണത് ഒരു മനുഷ്യനെ അപകടപ്പെടാൻ ഉള്ളൂ തുടക്കം ചെയ്തിട്ട് അന്നാവിനടുത്ത് നിക്ഷേപിച്ചത് എല്ലാവരും ഒന്നുമില്ല പിന്നെ അല്ലെങ്കിൽ തെങ്കിപ്പിച്ചു ഗോലബി സഫ അവിത ഹരീഫിൻ്റെ അതേ അവന്റെ പറയാൻ മാത്രം ഉണ്ടെന്ന് ബാക്കിയൊന്നും ഇവന്റെ അല്ല ഇന്ന വെച്ചു ഇതിനകത്തൊന്നുമില്ലേക്കും ഈ പങ്കെടുത്തി അപ്പോൾ മിച്ചം വരുന്ന ഭക്ഷണങ്ങൾ തുടക്കം ചെയ്യലാണ് അവര എന്തിനെ കാണേണ്ടത് മിനത്വ സമത്തി വെച്ച് ഈ അമിതമായിട്ട് നിർഗഹനങ്ങളൊന്നും ഉണ്ടാക്കുന്നതിനൊക്കെ അച്ചടക്കും രക്തറക്കിന് അക്കമാമൻ നമുക്ക് കുറെ കോമിങ്ങളെ കണ്ടെത്തിക്കുക അതിലുള്ള പറയുന്നു ആമി മായക്കെട്ടി ഒരു വജടി ഇനി നടന്നുപോകുന്നു ഇവന്റെ അടുത്തിൽ ഉണ്ടെമിക്ക് ഇപ്പഴത്തിലുള്ള മാറാത്ത ഭക്ഷണമുണ്ടാവും വനൌശാ രാക്കരക്കുല്ലാസ്ത്രീകരിക്കുന്നു ഉണ്ടാവുള്ളൂ പോലും അപ്പോൾ അദ്ദേഹം പറയുന്നതിന്റെ വൺ വായിലു യും ഇത് മുഴുവനും എന്റെ ഒരു വയറ്റിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരാളുടെ ഇപ്പം നടന്നു പോകുന്നു എന്റെ ഒരിക്കലും ഒരാൾക്കൊക്കെ എല്ലാം ഭക്ഷണം ഉണ്ട് അപ്പൊ പറയുന്നുണ്ടെന്ന് ഞാൻ സ്വന്തം മുമ്പിൽ എന്റെ വയറ്റിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവനും കൂടെ കൂട്ടട്ടെ ഇതിന്റെ ഭാഗം മാഹത്താലാ താട്ടെ എന്നുണ്ട് അങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ ഞാൻ ജോയി എന്ന് പറഞ്ഞ പത്ത് ഭാഗ്യാണ് വമ്പ ഇപ്പം മിൻകുലിന്യ വാഹിതത്തിൽ ഇതിൽ നിന്ന് ഓരോന്നിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു കവാഇരാത്താൻ സത്യം അറ്റമില്ലാത്ത കവാതുകൾ ഉണ്ടാക്കി തീർക്കണം ഇത് ഓരോന്നും പെട്ടത് ഒന്നും വേണ്ട മറന്നിനെ പറ്റി പറഞ്ഞു മാത്രം ഉണ്ടാക്കാം വൈദ്യശാസ്ത്രം ഉണ്ടാക്കാം വന്ധ്യശാസ്ത്രത്തിന്റെ എല്ലാ കണ്ടുപിട്ടും ഉണ്ടാക്കി തീർക്കണമില്ല അങ്ങനെ ഓരോന്നും നിർത്തി ഓരോ കവാതുകൾ കണ്ടെത്തിയിട്ട് അറ്റമില്ലാത്ത കവാലുകൾ കണ്ടെത്താം ഇത്തഹാ കലാമിയിട്ടു വ്യക്തിത്ത ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പക്കത്തക്കത്തമ്മ മുമ്പ് ഞാൻ പറഞ്ഞത് കത്തിക്കിതൊരു ജുവൻ ഈ ജുവയിനം ഒരു കൈതു കൊടുക്കണം എത്തരത്തിലുള്ള ജുവനെങ്കിൽ കൈ മസ്തിൽ സിക്രത്ത് അവിൽ മോഹിരിൽ ബത്തരികെത്തി മനുഷ്യന്റെ പ്രകൃതിയെ ഹഡാക്കുന്നതും സിക്രത്തിനാണ് കോലം മറിക്കുന്ന പസാദുണ്ടാക്കാത്ത ജുവ ആന മനസ്സിലാക്കണം അല്ലെങ്കിൽ അത് ആകെ കുമ്മടയില്ല ഒന്നാമത്തെ ആനാനം ാണ് ജനങ്ങൾ മതിയാക്കുന്നതിന് മുമ്പായിട്ട് ഇവൻ മതിയാക്കാൻ പാടില്ല എപ്പോഴും ഇതാ കാല യുക്താ ഇവൻ ഒരു മാതൃക യോഗ്യനായി മനുഷ്യനാണെങ്കിലാണ് ഇവരെങ്കിലൂടെ ഒരു ബാക്കി ഇതൊന്നിടിച്ചറിയും അപ്പൊ ബാക്കിയാക്കിയിട്ടുണ്ടാവില്ല അപ്പകാല പാലു മലായും ില്ല ആരോ അവർ പറയുന്നു വലയംസിക്ക് യഥൻ കൈയിനെ കുടിച്ച് നിർത്തണ്ട ഇപ്പം മതിയാക്കും എപ്പോൾ മാതാമുല്ല അവർ അത്ര ലയിക്കുന്ന കാലത്തോടെ ഒന്ന് മതിയാക്കാൻ ഉണ്ടാക്കും ഓർ ഇല്ലായ്മ മതിയിലോ അവൻ ഇല്ല ഇവൻ അണീക്കട്ടെ മാതാമാക്കാമോ അവരെപ്പോഴാണ് അണിയിക്കുന്നത് അന്നേരം അണിയിച്ചാൽ മതിയിൽ ഒരാളെ പറഞ്ഞു പറയും പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴും നമുക്ക് നോക്കാം കൊൽപ്പോ മീൻ നാടക്കൽ പെട്ടെന്നാണ് ജമാനത്തോട് കൂടി ചെന്നുമ്പോഴുള്ള അതാ പറയും അല്ല യുദ്ധിക്ക ഞോ അവന്റെ കയ്യിലെ മതിയാക്കി ജമാഅത്തി മീമാരകും ജനങ്ങൾ മതിയാക്കുന്നതിന് മുമ്പായിട്ട് അത്തായ മുമ്പീ ജനങ്ങള് ണ്ടല്ലോ അവരെ ധനാവിന്റെ ഹാജത്ത് അവരെടുത്തിട്ടുണ്ട് എന്ന് അറിയുന്നതിന് വരെയും ഇവൻ മതിയാക്കരുത് എപ്പോഴും മഹാദാ ഈ പറഞ്ഞ് ഇതാക്കാന ക ഇത് വലിയ അവരുടെ നടക്കും ിൽ അതിലേ ശരിക്ക് സ്വകൃതമായി തന്നിട്ടുണ്ടല്ലോ അതിനവർ തടയും അപ്പം വക്കതിയെടുത്താൽ വക്കവീയക്കൂർവ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ തുറത്തിൽ രാജത്തി ഇപ്പൊ ഭക്ഷണത്തിന്റെ ആവശ്യക്കാരൻ തന്നെ ഉണ്ടാകാം വന്ന വസ്ത്രം ഉണ്ടാവില്ല അപ്പൊ എന്റെ ഹോമി രണ്ടപ്പോ എന്ത് ഇപ്പോഴിയെന്തായാലും അച്ഛൻ്റെ തോട്ടം വന്നു അപ്പൊ എത്ര അപ്പൊ ഇവന്റെ ഈ പ്രവൃത്തി കാരണത്താൽ മറ്റൊരു ഇതുകൊണ്ടാണ് കാലോ നിൽ അഗതി അകവിൽപ്പെട്ടതാണ് ആലും കൊണ്ട് ചെറുതാക്കൻ ചിന്താണെന്ന് പറഞ്ഞു അന്തമറയിൽ കൊണ്ട് പഠിപ്പാക്കണം എന്താണ് അത് ബലിക്കും പോലെയാണ് ആക്കി പണ്ട് പുസ്തകം അപ്പൊ അന്തോക്കും അതാ അന്തരത്തുകൊണ്ട് ചേറാത്തിയ മുഹസ് ദിനിമം കൂടെയുള്ള ആളാണ് ആലപ്പിക്കും താഴെ ഇന്ന് അവന്റെ ആവശ്യം കൂട്ടേന് മുമ്പായി അപകടത്തിലും മത്താറമാക്കാമെങ്കിൽ അഭിപ്രായം മത്തപ്പിക്കൂ ആ ി കൗമൊക്കു പോയി എന്നാൽ ഓരോന്നിരിക്കരുമാനം അവരോടൊപ്പം അടിക്കണം അതിന് അതിന്റെ വരാൻ അതാരത്തി അവ തിട്ടുണ്ട അവന്റെ തോന്നി എന്തി അതാരത്തിന് കളിച്ച് നാടൻ കളിച്ച് ഓട്ടം പോയിട്ടില്ല അവസാനി അവരുടെ സന്ദർഭങ്ങൾക്ക് ജനറെ മറ്റന്നാൾ കട്ടിപടി ഒക്കെ അവർക്കാട്ട് പോവാൻ തുറച്ചോട്ടാക്കി അയച്ചു കൊടുക്കും അത് അയച്ചു കൊടുക്കുന്നതിന് മതി നിങ്ങൾ പിന്നെ പോലെ ഒരിക്കൽ തിരിയാവുമില്ല എന്നാൽ പോലെ എനിക്കാതി അതക്കാട്ടിലഹുദിനത്തിന് അവരുടെ ഒരു താണാളായിപ്പോയും അറിയിക്കുന്നുണ്ട് فتا عيال ملكي للهنا ورد إلا في محل أول محل الهلية لا يذلك هو شيء من ذلك أدنى على غنكي أوضا بمعنى مبتولة عميران أدنس بيشمين أدنس بيشمين أدنس بيشمين أدنس بيشمين أعيذن الله أدنس بمعنى سنة قبل ورده आरत रबी रबी अल्लाह तो वेनो बैला काना जबात नो रबानिंग पाड़ा दिसिक हिन ताकिना तो तो उन तरफ फिदाबी देरेबिए वादा वोन कुनावरत तो देईकन एस्ता तो वंदा ला जिया प्रतेसी काना मुतकद्दमुन मुतकद्दमुन लत रदम आबरक आवरकन र मुतकद्दम आणा वोन देईदा बतीदा रंगेन चोई अता पगा भी दोर दे या प्रतेई സുഖമായി സ്വന്തമാകാൻ ഈ തന്നെ കാണില്ല ആക്രമണം ജമാർ ജമാറ്റിനോടൊപ്പം നിന്നാലും കാണാൻ ആക്രമണം നടക്കണം തങ്ങൾ ആക്രമണത്തിലെന്ന അപ്പൊ ഏക പോലീട്ടില്ലെന്ന് എന്നാൽ ഇവ തുടർന്ന് കൊത്തി എഴുതിയിട്ട് വരുന്ന സൗകര്യം ഒന്ന് അന്ന ബാക്കിയുള്ള ആരായാലും ഇവൻ എല്ലാത്തുണ്ടാവില്ല ഓക്കാലെ കുട്ടിച്ചു വീട്ടിൽ തൊട്ട് അടിച്ച് പോയാൽ ഈ മനസ്സിലാക്കി നടക്കണം അപ്പൊ ആക്രമണത്തിലാക അപ്പൊ തീരുന്നാണോ وأنزل <سؤال> لك السلامير رب يلا ربه تعالى بالله ما ذكرنا نعمي نعمي وبقدر لنا سلميده في بعض صاروا برتبت بيتا جيران ووجبكم سماكم انما ذكرنا ماعن ذلك رب العالمين وجبكم سماكم ذكرنا ماعن ذلك رب العالمين ذلك رب العالمين ان الله يقول رب يلا اني اني كل ما لديكم ത്തിലും അനുയോജ്യമാരെന്താണോ എന്നെ ഒരാറ്റു ചെയ്യാനുള്ള ആവശ്യം കാലൂർ മൊത്തത്തിൽ പ്രകൃതി തമ്മിലില്ല സ്വന്തം സുരക്ഷൻ വേദനമാരും നടക്കിടക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു അവരുടെ കൂടുതലിന്നും മറ്റുള്ള പ്രതീക്ഷ തന്നെ ഇല്ല തന്നെ തൂന്നല്ലോ അപ്പൊ ദഹാ നമ്മൾ പൊക്കവായി അപ്പൊ സന്ദർഭദൂജമായി നീങ്ങണം എന്ന് പറഞ്ഞ പൊക്കതാക്കന്മാണോ ധഹാമ ഏർകൾ സാധ്യത്തിനാകത്തിന്റെ കണക്കി എടുക്കാവും അവിടെ ഓർക്കുമ്പോഴേക്കും ചിലപ്പോ അവിടെ അടുത്തിട്ടുണ്ട് നമ്മൾ കണ്ടത്തെ അത് കൂടുതൽ കണ്ടാലിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു കണ്ടാലും ആവശ്യത്തിന്റെ കണക്കേ എടുക്കാൻ പാടുള്ളൂ പൊക്കതാക്കന്മാടായ്മ ഇവിടെ പുത്രാബ് ഉപദേശിക്കുന്ന വരും യഥവാൻ ഈങ്ങളാണ് നമ്മൾ പുത്രാവ് ഉദ്ദേശിക്കുന്നത് സുഖറാജ് പരേമാണിയുടെ ദരിദ്രമാവ് നടത്തേണ്ടു അവിടെ വളരെ വാങ്ങി തന്നെ സുഹറാനുള്ള സോദ്യാർത്ഥം നടത്തേണ്ടു ഇവിടെ ഇസ്ലാമികളിന്റെ അർത്ഥമുള്ളൂ ഭക്ഷണം അടിച്ചുപിടിച്ചത് തന്നെ മറ്റുള്ള ആൾക്കാണ്ടേ പോകും ഈ ചുമ്മക്കാല പിന്നെ നേതൃത്വം വന്നിയാജ് പറഞ്ഞു പത്താറാം കൊല്ലം മുട്ടപ്പന്തി മുത്തപ്പിലാരാണ് മറ്റുള്ളവർക്ക് ഔദാനം കൊടുക്കുന്ന അജനബിയാണ് അതിൽ അജനബിയുകൾ മുട്ടപ്പന്നിലും ഭക്ഷണം കൊടുത്തിട്ട് ഔതാദ്യം കാട്ടുന്ന മത്തി കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ ഓരോ ചിലപ്പോ മിക്കതാവാൻ മിക്കതാവുന്നത് ആ ഒരു മിക്കതാവിനെടുക്കണം ഇങ്ങനത്തെ മിക്കതാരുണ്ട് ആ എസ് എൻ നബി മുഹമ്മദ് മര്യാദയ്ക്കെതിരെ വരാത്ത രീതിയിൽ മിക്കതെടുക്കാം ആവശ്യത്തിന് അവർക്ക് മാത്രമല്ല ഇവന്റെ അഭിമാനം മര്യാദയുണ്ടല്ലേ ആ മര്യാദയ്ക്കെതിരെ വരാത്ത രീതിയിലുള്ള അളവ് പണി <Sýý> in the so, ി ധിയാനത്തെ അവരെടുക്കൽ ഇതിന്റെ തീരിന്റെ ഓട്ടമുണ്ട് എന്നും എന്താ പറയുക പോറേക്കാനും പാടില്ല ഇത് തീരെ വരികില്ലാത്ത ആളാണ് ഭയങ്കര രീതി കണ്ട എന്നിട്ട് രീതി വരാൻ പാടില്ല എന്തുകൊണ്ട് ആണ് ഈ കണ്ടരാം ഇവ പറ്റ കുറച്ചാത്ത കാലോ അവർ പറയും മൃഗവും തമ്മുട്ടാൻ ജീവനെ അവൻ അടിക്കുന്ന ആളാന്ന് പറഞ്ഞപ്പോ യും കത്താറ ഇനി വർദ്ധിപ്പിച്ചാലോ ഇന്നും മുട്ടബസ്തിന് ഒരു അമിതമാറ്റം എന്നാളാവും പറഞ്ഞേക്കും കണ്ടും വേണ്ടി അപ്പൊ തിന്നുന്ന വിഷയത്തിൽ അവിടെ മുറാഹാത്ത് മറ്റൊരാളെ ബോധിപ്പിക്കുന്ന രീതിയിലാക്കുക മുട്ട തന്നെ പറയാൻ നോക്കണ്ട മുട്ടബസ്തു എന്ന് പറയാൻ രണ്ടും അടവെറ്റാത്ത രീതിയിൽ എന്താക്കാനും എന്ന് അവർ കത്തരം നഷ്ടവും നക്തരഭിമാനവും അത് സൂക്ഷിക്കുന്നു കലാകാല ബാദും അച്ചാ ഒക്കെ മറന്നു ഇത്രകാലം പറഞ്ഞിട്ടുണ്ട് അഖിലൻ അനീസൻ വമ്പിച്ച് തിരിഞ്ഞത് കണ്ട് അപ്പൊ മൂപ്പുറൻ വിരോധിച്ചു അപ്പൊ കാല അപ്പോൾ ഓർമ്മ പറഞ്ഞത് അഖിലന്റെ വിഷയത്തിൽ മുറഹാക്ക് നടത്തിയാൽ ദീനന്റെ വിഷയത്തിന് വനരാകും ഇയാകാക്കും എന്നാണ് മോഹൻ ഞാൻ പറഞ്ഞത് അതും അപ്പൊ രണ്ടുതരം ഭക്ഷണം പറഞ്ഞു ിൽ അമ്പത്തി മുന്നിൽ മഹത്തീനവർ മുട്ടത്തിനിയും മഹത്തീൻകൾ അതുപോലെ മുണ്ടത്തിനീകളായ ആരുണ്ടല്ലോ മുട്ടപ്പുന്നല്ല അങ്ങനെയുള്ള ആളുടെ ഭക്ഷണം നിരപ്പിന് ആരാൾ അതിരിച്ചാകില്ല അത് അവശ്രോചിതമായിട്ട് എന്തോ എടുക്കാം അപ്പൊ രണ്ടു കൂട്ടത്തിനും പെട്ടല്ല പക്കെടുക്കാനത്താ റോയന്മാർ ഉണ്ടായിരുന്ന സനാബിമാർ വേറെ ആൾ ക്ഷണിച്ചുകൊണ്ടുപോയാൽ ഇതാ വലിയ ആച്ഛ അകവും കമിലള്ളിജാബത്തിന്റെ മുമ്പാക്കി മുപ്പതാം നാലോട് നിന്നും കൊടുക്കുന്നു അവിടെ പോയ കുറച്ചെടുക്കുന്നുണ്ട് വലീലന്മാർ വേറെ പരിപാടിക്ക് ക്ഷണിക്കും ക്ഷണിച്ചവിടെ പോയി കബിലന്മാർ നിന്നാതിരിക്കാനാക്കും ശേഷം തകൾ ആകെ നേരിട്ട് വർഷം ഉണ്ടാക്കി കൊട്ടേറ്റിലാക്കുക എന്നാൽ അവിടെ പോയാൽ സ്വാഗതം തന്നാൽ മതി നോക്കും അതായത് എത്തനാവന അവിടെ നല്ല യുദ്ധത്തോടുകൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബാലൂറ്റിൽ ചെന്നത്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ആത്യാത്മിക കെട്ടാൻ വെച്ചിട്ടുണ്ട് മക്കാനക്ഷോമിയ നിയന്ത്രുന്ന അല്ലാതിരിക്കാൻ ഓപ്പനോ അപ്രകാരം ചെയ്യും അസം ഭക്ഷണത്തിൽ നിന്ന് നല്ല സംയപായ ഭക്ഷണം കൊണ്ട് അവർക്ക് വീരും ഓടുകൊടുക്കും അവരുടെ ആധാർപ്പെട്ടതാണ് ധർമ്മം ചെയ്യുന്നു ഈ താറുമാവന്തം ആവശ്യം നിർത്തിയിട്ടും ബഹാസ് കൊടുക്കരുത് തമസ്വത്ത് തനാവു നേട്ടം മിതമാക്കുന്നത് അപ്പം മൂന്ന് കാര്യം പറഞ്ഞു ഇതല്ലേ അപ്പം സഹായി തമസ്വത്ത് അപാന കാണിക്കും وا امروا به بفتح الباب واكدوا بالقدم الاعدامي وطردوا باباذكر لي تاريخ واكدوا بالرسم الذي تاريخ <سؤال> كنت ذكر من عذاب القوم الفتل قوم اللي عذابهم الذكر بتا موترتهم برضو خمسه يومن خمسه جاريين و2 رهيب برضو يرجع خمسه جاريين ിൽ മന്ദിരോരക്കി തിന്നാലുണ്ട് ഡൈനിങ് റൂമുണ്ടല്ലോ അതിന് ബാവിൽ അടക്കം ബാതിലടച്ചു പൊട്ടമുണ്ടാൻ പാടില്ലാണോ അർത്ഥത്തിൽ ചോദിയും വേണ്ട അടിയും വേണ്ട അതിന് അനിയനു കൊല്ലമണിയാൽ അഖിലേക്ക് ആവശ്യമുള്ള അല്ലാതെ കടന്നിട്ട് അലാലത്തും അവർ ഔദാര്യത്തിന്റെ മേലിലും കൽവിനുള്ള നില പ്രത്യേകിച്ച് ആദരത്തിലേക്ക് എനിക്ക് വിശുക്കുന്നുമില്ല എന്നുള്ള നിരണ്ടല്ല അതുപോലെ അറിയിക്കുന്നുണ്ടായത്യ്യ ഗീയും അവിടെ വരുന്ന ആളറിയും അവിടെ ആട്ടിപ്പോൾക്കൂലുനവോ മാത്രമല്ല അവരോടൊന്നുക്കാബല ചെയ്യും എന്താന്ന് എന്താ തന്നെ ചോദിച്ചിട്ട് അത്മഹോദന അവരെ കൊണ്ട് സന്തോഷിക്കുകയും ചെയ്യും ും ഇന്നാലെയും ഈ അഗ്നിയും അവരോടൊപ്പം തിന്നാൽ അവൻ ചെയ്തതിരിക്കും ബതാഴ്ചകളാണ് നമ്മളെ ഭക്ഷണവും തുന്നില്ലേ എന്നുള്ളത് എന്ന് മാത്രമല്ല ഏറ്റവും അന്നവും അനിയത്തമിനായിലെയും ഈ വന്ന ആൾ അള്ളാന്റെ വക്കലിനെ നമുക്ക് അതിയായിട്ട് ആറ്റം നടന്നതിൽ എന്താ പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടാണ് അഗിന്യ സുബാനയും അന്യളിൽപ്പെട്ടാൽ പറയാനില്ല ഔമിൻ പതിൻ ആജ അല്ലേ അഹദതുറിയ അണ്ടവണ്ടോ ഫകീർമാറു നമ്മ ഗദിയതാനല്ലോ അവരായ പ്രതിനിധി അല്ലാഹു നമ്മളെ ഹദിയ തച്ചർന്നു ദിനനൈ തച്ചർക്കി ദി ഖൗലി ഹബീബി സലാത്തു വസലാം മറു മുഅസ്സാദി വഅലാ ബാബി ഹാദികും ഹദിയത മിനല്ലാഹി തആല നിങ്ങളെ വാദത്തിൽ കൊണ്ടേ ചോദിക്കാൻ നേരെ അണ്ടവണ്ടോ അവരെ അല്ലാഹുവൽ നിങ്ങളെക്കൊണ്ട് ഹദിയ ആവുന്നു നിങ്ങക്ക് ദർമൻ ചെയ്യാൻ കഴിയണ്ടേ കൊടുത്താ കേടിയല്ല ായുക്കാല ബാങ്കല്യമാർ തുടങ്ങി എത്തിപ്പുരല്ല മനുഷ്യന്റെ മേൽ വാജിബാണ് ഇല്ലാതൊക്കെ ഓരോ സ്ഥായില് വന്നിട്ടുണ്ട് എപ്പോഴും ഇവൻ്റെ തായില് വന്ന് നിന്നാൽ അയ്യൂ രാവിലെ കൊടുക്കൽ വാജിപ്പാണ് ഞാൻ പറഞ്ഞില്ല മായ കണ്ടു ഗജിമൂന പറഞ്ഞ അയ്യൂ രാമിലോ ഇതില്ല യജിമാനല്ലി മനുഷ്യനാല് വാതിപ്പാണ് എപ്പം ബാധ്യമ ഇതാ വകു തായി വന്നത് എന്നാൽ എപ്പം അങ്ങോട്ട് എന്ന് കൊണ്ട് മാധ്യമം അഞ്ഞൂറ് കൊടുക്കാൻ വാതിപ്പാണ് അപ്പൊ കൊടുക്കൻ ബുജൂബാണിപ്പം പറഞ്ഞത് ആ ബുദ്ധിമുട്ടാണ് സ്വന്തത്താണോ ഇപ്പം എന്ന് തീരുമാനിക്കുക അവിടെ മൃഷ്ടികൾ ആവശ്യം പറഞ്ഞു അഭ്വാനം കടക്കുന്നതാണ് ു ലഹു ഞാൻ ഓരോട് പറഞ്ഞു എന്നാ കാരൻ ഇത്തരം തരാ ധിക്കാരം പോലത്തെ ഉജൂബാന്ന് ഓർ പറഞ്ഞു ദവർത്തനങ്ങളെ മുറ്റില്ല ധിക്കാരം പോലെ ഉജൂബ എന്താ നിങ്ങള് പറയുന്നത് കാര ക്ഷേത്ര ഗവർണർ ഒന്നിയന്നാറിന്റെ പ്രശ്നങ്ങൾ കൊടുത്തു ഞാൻ ഇത് അംഗീപായി തോന്നുന്നു ഈ മഹ താര അപ്പൊ താൽപ്പാന് ജമാഅത്തിൽ മസിപ്പിക്കുമെന്ന് പറഞ്ഞപ്പെട്ട വലിയൊരു ജമാറ്റിനോട് ഞാനി ലെപ്പിച്ച് ചോദിച്ചപ്പോൾ പണം അതിലൂണ്ടി മുരൂബാബന്റെ കൗലെ വരാളത്തിൽ കണ്ടിട്ടില്ല മൂപ്പറത്തിൽ കാണുന്നില്ല വരാളം പറഞ്ഞു തരും മസ്പ്രിന്റെ രഘു അതിന് വേണ്ടി ദലീൽ പിടിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു അഭ്യാറത്തിൽ നിന്ന് ഹബത്തു കൊടുത്തിട്ടുള്ള ഇരപിന്റെ ഹദ് കൊടുത്തിട്ടുണ്ടെന്നാണ് തെളിയിൽ പിടിച്ചത് എന്ന് ഹരി ചോദിക്കൊണ്ടുംച്ച മണിയാക്കിമിച്ചിട്ടുണ്ട് നിങ്ങൾ തായ മടക്കണം എങ്ങനെ ഒരു കാലക്കന്റെ തീട് കൊടുത്തിട്ടെങ്കിലും എന്ന് പറഞ്ഞു കാല ഏത് തെളിവ് പറഞ്ഞു ഒത്തിരി അരി ഈ ഹരി പോകാൻ തെളിഞ്ഞു പിടിച്ചതിലുണ്ടാകും ഗുജൂവിന്റെ തെളിഞ്ഞു പിടിച്ചതില്ലോ എന്നതുകൊണ്ട് ഈ എങ്ങനെ ഗുജൂബിക്ക് അപ്പോഴല്ലേ പുതിയതേതായ ആളെ എത്തി പുതിയ പാർക്കാൻ എങ്ങനെയാണ് ആറാമാക്കലെങ്ങനെയാന്ന് കറാർട്ടാക്കേണ്ട കാവിലെങ്ങനെയാന്ന് ഇപ്പൊ കൊടുത്താ ബേവനും കൂട്ടാണ്ടായതാ ഇപ്പൊ കുളിച്ചാലേ ഈ അറിയിപ്പും കുറിച്ചിട്ട് വാദിപ്പാത വലിയ നമ്പരുണ്ട് അത് ശാരീരിക വരട്ടെ നമുക്ക് വാജിപ്പാക്കി തരാം അപ്പം പറഞ്ഞാൽ മുൻതർ വാക്സി പറഞ്ഞതാണ് അതിപ്പോ നിർത്തലാകില്ലേ അരി എങ്ങനെ കളിപ്പോ അത് മുൻപറീല് കൊടുക്കാമെന്നുള്ള കളികൾ അറിയാൻ ഇല്ല പറയുന്നവരൊരു കുതികമ്പോ കുറായ രാവിലെ ഇതാക്കാരൻ മൊത്തറായി പോയ രാവിലും നല്ല ഉഗ്രാദി ഉദ്ദേശിച്ചത് മൊണ്ടർറോ ഹാമിലുമായി അങ്ങനെന്താമിന്റെ പറയും നല്ല ഇപ്പം വ്യത്യാസമുണ്ട് മൊത്തറായി കഴിഞ്ഞാൽ കൊടുക്കൊരു ബുദ്ധിമുട്ടാണെന്ന് പറയാം മറ്റുണ്ടെങ്കിൽ രുചി പറഞ്ഞത് താനീയ ആദാബിന് അഞ്ചാദാപ് ഓർഗം എല്ലാ പറഞ്ഞ രണ്ടാമത്തെ അടബം എന്താ പറഞ്ഞത് മഹക്കലോബിൾ ആദാമീനം അതാണ് അൽ അക്കലോബി മദ്യ നിരക്കുള്ള വിചാ എങ്ങനെ ഇസ്രാസും വേണ്ട വരാത്ത അഭിനീത്തും വേണ്ട ഇസ്രാത്ത അധികരിക്കില്ലാത്ത അഭിനയിച്ച ആവശ്യത്തിന് തുറക്കലാണ് അപ്പൊ പല പല അലച്ചിത പതിവായിക്കിരിക്കുന്ന ചിതണ്ടല്ലോ അതിനാൽക്കാണോ കൂട്ടം താമര ബഹിപ്രാപ്താകും ജപത്സുവാണോ അതിനാൽക്കാണോ തുറക്കുക വേണ്ടത് വളരായ കല്ലിനു ജിദ്ധൻ നന്ന കുറക്കും പാട്ട അത് അപ്പം തപിത്തൈത്തുള്ള മകനും മകനിനു പോലും ഫോട്ടോ വരുന്ന തരത്തിൽ കുറക്കാനും പാടില്ല മോദി അവിധ സുഖാൻ തന്നെ നമ്മുടെ താനുവിനെ അതുപോലെ തന്നെ അത് അളവിനെപ്പ് പറഞ്ഞു ഇനി പിടിയോ കഥാനിക്കൻ ആയുക്കപ്പിനുള്ള പിടി എന്താക്കലും ആന പിടി പിടിക്കുന്നുണ്ടല്ലോ എല്ലാം കീഴടക്കാൻ പറ്റി അതാക്കാൻ പാടില്ല വൻ ആയുധത്തിൽ നിഷയിൽ എല്ലാത്തിനും മദ്യനലിയാകുന്നുണ്ട് ആദ്യ പദാർത്ഥങ്ങളുടെ വസ്തു വക്കാലം തന്നീട്ടുള്ള കൈ എന്താക്കണ്ടരടികൊള്ളം കെട്ടപ്പെട്ടൊരു അതും ആക്കണ്ട എല്ലടത്തും ഇങ്ങനെയും ആക്കണ്ട പോരാത്താ കുന്നൽ അതിന്റെ അന്നദീനയിലാണ് വൈദനാദിക്ക് ഭൂമിനികളാരാണ് അവർ വല്ലതും ചെലവാക്കുകയാണെങ്കിൽ ഇത്ര പന്താകൂല നന്ന ഉടുപ്പാക്കുകയും ചെയ്യുക രണ്ടും കടയിൽ മദ്യ കഴിയാണ് അങ്ങേക്ക് വന്നത് പറഞ്ഞു മാന മണിത്തണിത്ത മിതമായി ചിലവാസിയാൾ കഷ്ടപ്പെടൂല കടക്കാനാവൂലെന്നു പറഞ്ഞില്ല അങ്ങനെ ചെലവാക്കിയത് അധികം വരുന്നത് മൂന്നാമത് പറഞ്ഞ നാദപന്താ അല്ലാപീനാ അതാ മൂന്നാമത്തത് വലിയ കത്തിന് നാദാപ ധാരമുണ്ട് പഴയ പറഞ്ഞു യാതാപനം പാലിക്കുന്ന ാക്കിട്ടുണ്ട് അതുകൊണ്ട് മാണപ്പുക്കളെ അവരിൽ ആവശ്യമാകുന്ന ചില കാര്യം അല്ല വൈട്ട് നീസ്താൻ വിസ്മിത മറ്റുള്ള ഓർമ്മിപ്പിക്കലുമായി പിന്നെ സുന്ദത്തി ആറഞ്ചെല്ലാഞ്ഞാൽ അസുന്നത്തിനെ കാണിച്ചാലേ പിന്നെ വലിയ താരത്തിന്റെ ശക്തി കിട്ടാനാണ് എന്ന നീയത്തുണ്ടായിരിക്കൽ രണ്ട് ഇങ്ങനെ ഒരു ഭക്ഷണം നമ്മളിലേക്ക് എളുപ്പമാക്കി തന്നല്ലോ എന്ന പാറവർക്കുണ്ട് എവിടെന്ന വന്ന് ഏതെല്ലാം ആരെല്ലാം ഉൽപ്പാദിച്ച് ചാടെം വേദം ചെയ്യും കൊണ്ട് ഏതെല്ലാം കന്നുകൊട്ടിട്ടുണ്ടാക്കിയ അരിയാണ് കുത്തി വെളുത്തതിന്റെ മുമ്പിലേക്ക് എത്തിയിരുത്തുന്നതാണെന്ന് പറയുന്നത് ഇതിന്റെ മുമ്പിലേക്ക് വെച്ചാണ് ഒരു ബാ ചാർന്നുണ്ടല്ലോ എനിക്ക് വെച്ചിട്ടില്ല വെച്ച് ചാടിന്ന് കരത്തി എത്തിയിട്ടാണ് ചാർന്നതാണ് പിന്നെ അതിന്റെ ഉത്കണ്ഠനെ കഴിഞ്ഞോളിച്ചോന്നെ ഗവർണർക്ക് കഴിക്കുന്നതൊന്നും പറഞ്ഞെങ്കിൽ വെറുതെ കൗദ്യം എന്ന കുടുംബം തന്നെ അറിയിച്ചിട്ടിട്ടപ്പോ അവനെ പറ്റി കുഞ്ഞു കുറഞ്ഞിട്ടുണ്ട് കട്ടൻ അതാടിമുഖ തീരത്തിൻ വലിയൊരു ഡോള ചെറുവി തന്നെ പ്രവർത്തിച്ചതിന് ശേഷമാണ് ഭക്ഷണ മുമ്പിലേക്ക് എത്തിയത് അല്ല അമ്മാവന്റെ ജാമിയ എന്ന ഇസ്മിന്റെ മനോഭാവം നൽകിയത് പിന്നെ യഥാനീനുള്ളത് അങ്ങനെ മുബാഫിനേക്ക് യഥാനീന വേണ്ടി കഴുകൻ ഇങ്ങാന മുസ്തക്ക തറൻ മുസ്തകതറാണെങ്കിൽ പക്ഷെ അന്നിരത്തി മുസ്തക തറയിലേക്ക് തക്കത്തിന് വേണ്ടി കഴുകട്ടെ ുംറും പോണം ആർക്കോ എന്ന് പറഞ്ഞ അരി ഓവർജ്മത്തിന്റെ ചുമത്തിയാളുണ്ട് ചുമത്തിയാക്കളും ഈ അരിഞ്ഞലുണ്ടല്ലോ ഓവർജ്മൽ തന്നെ ചുമത്തിയാളും ഉണ്ട് ഓതോർക്കുമ്പോൾ അതിന് അർത്ഥം വൈതർമ്മിക്കുന്നു വല്ല വൻ അക്കു സൂപ്പർ സൂപ്പർ വെച്ച് തൊണ്ണരി മറ്റൊരു അളവ് ദൂരൽ ഒവാനൽ ഉയർന്ന ഡൈനിങ് ടേബിൾ ഒഴിവാക്കലാണല്ലോ അതുകൊണ്ട് നമ്മൾ ഈ ചോദ്യം ജോസാരീഗിലേ ഈ വൈകീട്ട് ചിത്ര രണ്ട് കാലത്ത് അടുത്തേക്കാല ഉറപ്പിൽ മറ്റേതിങ്ങനെ പുത്തനുവെച്ചിട്ട് വെൽ പത്തനം ആയി ചേർക്കാൻ പിന്നെ പത്തുമ്പോൾ വെണ്ടൽ നടക്കുന്നു അവസരത്തിൽ നല്ല ഉഷാറ് കാണിക്കലെന്നെ കാല പുത്തറിയാൻ ആടിപ്പാടിഞ്ഞാക്കി അങ്ങനാക്കിട്ടു നോക്കി ഓരോ മണി ഉറക്കിക്കുന്നു ഇങ്ങനെ ആക്കിയിട്ട് വെച്ചാൽ ആല്ലാണ്ടല്ലോ ആ കാമത്തിന്റെ മറ്റിലേക്ക് വെച്ച് പിടിക്കാൻ ആ കുന്നിൽ പറയുമ്പോ കുന്ന കുന്നതിന് പരിപാടിയിലായിരിക്കും മുടക്കങ്ങൾ നടക്കുക ഇതിന് മറ്റിലിറക്കുന്നു പാട്ട് നോക്കിയിരിക്കുന്നു എനിക്ക് പണ്ട് ഞാൻ എൻ്റെ ഓർമ്മ ഉണ്ടാ ഞാൻ കറി బదల్ ల లేట్ కి కునా నింగ బదల్ కునా మూం బానా నింగ బూం బానా కండి నింగ బదల్ కుకు తీ ఇ ఈ ఆరంభం ఇదు ఉండాలి అలసదా వమ్ హిజా దిల్ పతదా మాతు తలము బాద్ షురూఇతి హి ని ఆది ఆరంభించే శేషంలో ఉండాలి అవాహియ నఖుబి సలాత యాసబియా మనం వెళ్ళి లోపలకు పడుకుదాం కత్తో హైసి ఎస్తాదా ఆరిచి అది జోది పడన చెల్లే వమ్ అన్ తుల్లా ആ അതായത് എത്ര കാര്യം നോക്കി വകാല സുരഭി രവിയന്മാരുടെ മറാ പറ്റി ഒരു മാഞ്ചരയിൽപ്പെട്ടതല്ല ഇടവോ കിട്ടാ വിനായിട്ട് എത്ര എത്ര പിന്നുകൊണ്ട് അത്തരായി തോറിക്കുകയാണോ കാരണം ഈ ഹോട്ടലിൽ പോയിട്ട് പച്ച ഈ കോണങ്ങൾക്ക് നടത്തുന്നതൊക്കെ ടീച്ചറിനായിട്ട് പഠിച്ചു വെച്ച് കോണൊന്നും പറഞ്ഞു എന്നിട്ടുണ്ടാക്കും പിന്നെ മോര്യം വീച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെക്കലുണ്ട് അവൻ എംണ്ടിക്കുട്ടിയില കണ്ടാൽ തന്നെ അതെ ഞെച്ചപ്പോണ്ടാക്കുന്ന വരക്കലും ഇമ്മാ അരി തൊട്ടടുത്തുള്ള ഭാഗത്ത് ഭക്ഷണം കഴിക്കരുത് പിന്നെ ഒ തീരുടെ ഉകുമ്പത്തിന് വന്നു കുറക്കരുത് ഓ തീരു മകനെ നല്ലോണം വർക്കും ഇല്ല നിർത്തില്ല ലുക്കുമില്ലാതെ ഈ മറ്റോ തോന്നുന്ന പൊടിയിലേക്ക് നോക്കാതിരിക്കാനും നമുക്ക് രണ്ടു ദിവസം പറഞ്ഞുകഴിഞ്ഞു ഇപ്പൊ തറുക്കും ലേക്കില്ലാത്താതെ കബലത്തമാണെന്ന് ഈ ഭക്ഷണം പൂർത്തിയാണേനെ ഉൾപ്പെട്ട് കഴിയുമ്പോൾ ഇരിക്കരുത് ഇന്ത്യക്ക് വീണ്ടും തോന്നിയിരിക്കുന്നവർക്ക് അത് മറ്റുള്ളവർക്ക് നീ വിഷമ് തോന്നുമല്ല പിന്നെ അവ തറക്കുറി അത് തന്നെ കൂടുതലും വായുത്തിന് പിടിക്കുന്നുണ്ടല്ല അത് എന്താക്കും അമ്മയം പി വിനായ്മേ യുക്കൻ തിരുവോലാകരി മറ്റുള്ള ആയി തോന്നും തോന്നൂ തർക്കവും നിന്നും പാത്രത്തിന് വാക്കിന്റെ കൈ ഒരു കൊടഞ്ഞിട്ട് പൈനതാണി കൈക്കിരു ആക്കലി നടന്ന ആളുകൾക്ക് അത് മലിനമുണ്ടാക്കി തീർക്കും അങ്ങനെ വാതാ കഥമായ അടവിനെ പറ്റി യാതൊരു അറിവുമില്ലാത്ത കുറെ കോമിയങ്ങൾ ധാരാളങ്ങളിൽ ചെയ്തതാണെന്ന് അവനെ അറിവാക്കും നിൽക്കും ആക്കും അതെത്തരത്തിൽ സക്കിയിലോ മിന്നോ അത്തരക്കാലത്തൊട്ടം ഉണ്ടാകണം സക്കീര് വളരെയധികം ശ്രാസ് സൂക്ഷിച്ചു എത്ര ദൂഹവും കഴിവിന്റെ പരമാവധി സൂക്ഷിക്കണമെന്നാണ് പിന്നെപ്പും ജവാനി പാത്രത്തിന്റെ പേരിൽ ഇങ്ങനെ ആക്കി തർക്കം കുടിക്കുന്നുണ്ടല്ലോ അതും വേണ്ട വറുപ്പുണ്ടാക്കിയത് ഈ ബസ്സിൽ കത്താക്കി ഫ്ലൈറ്റിന്റെ നടുവെന്ന് വെള്ളത്തിൽ നടുക്കാൻ പാടില്ല ചുറ്റുപാതോണി ഗോലാത്തൊരു വിവസ്തി പറഞ്ഞിട്ടുണ്ട് നടക്കാന്ന് മറക്കത്തിന്റെ കയ്യുന്നു അത് ഒഴിവാക്കുകൊണ്ട് തൊണ്ണലും ഓരോ ആകാണ്ടു പക്ഷെ ഇല്ലാന്നെ മായാൻ ദ്രാവക രീതിയിലായിട്ട് കൈ കൊണ്ടുവന്ന വീടില്ല അതിനെന്തെങ്കിലും ബാധിച്ച സ്കൂണോ ക്ലാസ്സോ ഇല്ലാണ്ട് കുടിക്കാൻ നീടല്ല അത് പാർക്കിന് കഴിഞ്ഞാലേ നന്ന നേർത്ത കയ്യിൽ പോയി മായൽ തൽ ദ്രാവക അല്ല ും ചില മഹാൻമാവ് പുറത്തിട്ടുണ്ട് അല്ല ചില ബിഹാരിയിൽ മഹാലജി സ്ഫൂർവിച്ചു തുന്നതിരി ഇല്ലാതെ എറുപത്തി വണ്ടി എല്ലാവരും സ്ഫൂണ കഴിക്കുന്നുണ്ട് കേരളത്തിന്റെ കൈയ്യല്ല വർഷിച്ചാൽ തോന്നി മീൻ അത് എടുത്തിട്ടുണ്ടല്ലോ ഗൈവറാണെങ്കിലും മുള്ളും കൊത്തി എന്തെല്ലാം കോലും കൊള്ളിയും കോലും എന്തെല്ലാം കൊണ്ടി എടുത്ത് മറ്റുള്ള ആളുകൾക്ക് നശക്കത്താക്കുന്നില്ല വലകത്തുള്ള സാമി അതുപോലെ വിരലുകൾ ഈ ബനിയ അലി ഇസ്ലാം ഇന്ന അകത്തുണ്ടായ രീതി അയ്യ തറാമിയൻ വറക്ക അവന്റെ തറാബലിൽ നിന്ന് ഏതിരാണ് വറക്കത്തീ എന്ന് നിങ്ങളിപ്പെട്ട ഒരാളും അറിയുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്ന് പറയാൻ പടസ്സന്നുള്ള ആറിയസ് തന്നെ കുമ്മസ പിന്നെ തുടക്ക കുമ്മ പിന്നെ കഴുക പുറത്തേന് വിശേഷ കഴുകി സോപ്പിട്ടു കഴുകി പൗട്ടും സോപ്പിട്ട് വേണ്ട ഒഴിക്ക് പോകുന്നതല്ല അല്ല വക്കത്ത് റമക വാതകം ചിലർ ഇതിലെ കൊട്ടീ ബാക്കി റംസുണ്ടാക്കി എങ്ങനെയാ ലമഖന്ന് ലമഖെന്ന് പറയേണ്ട അല്ലാക്ക് لا حولا ولا قوه الا بالله ان مين ما وصلين ان غيره ما وصلين وان ان ادل قطال لكتمه تقت من التعاملين في الغونه ورنينেtypescript කරනවා යනවා ચાલી જવુંണ്ടല്ല દેવલે જાది ಬಿಡಿ ಐತಾ ಅಲ್ಲ നിങ്ങൾ കൊണ്ടോ വരും നിങ്ങൾ വാസുകളല്ല പ്രയോദിക്കോ യഹതൽ ഹബനെ വല്ല യقال انه محريكم ورත ابي ايه ഇലോദിനടു ഇനി അക്കിയ മുന്നിൽ ലാതാബ് എന്നത് ഈ പുത്തുകൾ പറയാനാണ് ചിലതാപ് ബാക്കി ഉണ്ടാവും അബീന മകൻ വെർത്തകി ഉണ്ടാവൻ മകരം പിന്നാലെ താസം ആക്കിയ വെർത്തകി ഉണ്ടായിരിക്കും അതിനകത്ത് നോക്കുന്നേ ആ ഇല്ലാദി താ ഈ താമ ചിലപ്പോൾ ഇത് സ്ഥാപം മറ്റൊരു കൂട്ടാനം കൊണ്ടുപോകേണ്ടതെന്നാണ് അപ്പോൾ ചിലപ്പോൾ രണ്ടിനോട് പോയോട്ടാ സമാവാക്കാൻ അനിയോട് സംഭവിച്ചിട്ടുണ്ട് ഇടുക്കാനൊക്കെ അങ്ങനെ അതുങ്ങൾക്കിടാനി തമൃതി വസ്തു കാലൊക്കെ ഡബിൾ എടുക്കലുണ്ടല്ലോ പലയാക്കും പച്ചക്കറി ഡബിളിങ് എടുത്ത് കൊടുക്കുക അപ്പോ മറ്റുള്ള ഇവരെ എത്തിയെടുക്കുന്നവരെ എല്ലാമിൻ അക് ഇവരിക്ക് ഭക്ഷണം കൊടുത്ത ഒരു കോമിനെ പോയാൽ ഓൺ ബച്ചൂർത്തല്ല മറ്റുള്ള അവകാശങ്ങളല്ല എന്ന തെർക്കുണ്ടതി അവന്റെ തെയിങ്ങൾക്കാത്ത എല്ലാ നമ്മൾ വലരി അവതോറും വലുതോറും കൂടി ആയാൽ ഒഴികെ സാഹചര്യം ഒഴിക്കാം ഇവിടെ പല ഇനങ്ങളും പങ്കെടുത്തിട്ടുണ്ട് കൊച്ചിന്മാത്രമല്ല ഇതനല്ലാത്ത ബോർ ഇനങ്ങളുണ്ട് അപ്പൊ അങ്ങോട്ട് കഴിഞ്ഞിട്ട് വക്കീലല്ല ഇവിടെ അട ഉണ്ടാവും ഇവിടെ മറ്റേ ഉണ്ടാവും ഇവിടെ മറ്റേ ഉണ്ടാവും ഇവിടെ കായി ഉണ്ടാവും അപ്പൊ കായില് കഴിഞ്ഞിട്ട് വക്കീലല്ലേ അതീവ ിൽ മകൽ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് നല്ല ഓണിക്ക് പറഞ്ഞിട്ടുണ്ട് അതിന് പറഞ്ഞ നാലാമത്തെ കാര്യം അതിന്റെ റോജിൽ വന്നാൽ നന്നാ ഈ ഉഴപ്പാക്കാണ്ട് ഒരു വഴി തന്നീട്ടിൽ അക്കൽ നിന്ന് സാവധാനാക്കി തിരിച്ച നന്ന കടിപുടിയാക്കാതെ ഞാൻ ഇത് ഈ സർജീകൾ ലൊക്കുമ്മത്തിന്റെ ചെറുതാക്ക വലായൊർത്താൻ വലായൊർത്തറിയ വായു ഉള്ളത് വിഴുങ്ങി പീറീന് മുമ്പായിട്ട് രണ്ടാമത്തെ ഭാവി സ്റ്റോക്ക് വെക്കാതിരിക്കുന്നു അങ്ങനെ ണ്ട് നമ്മളാവാസം ചില കണ്ടിരിക്കുന്നത് കൺപടി ഒന്ന് ഫുഡ് നല്ല വാങ്ങി വെക്കുക തന്നെയാണ് പള്ളി കുട്ടികൾ വാങ്ങി വെക്കുക എന്ന് വെച്ച് ഒന്ന് തിന്നുമ്പോ ഒന്ന് ഒരു സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും മളയിൽ സെറ്റ് കർമ്മത്തേക്ക് ഇങ്ങനെ മലയാളകാലും അത് മളച്ചുകെട്ടാണ് ഒന്ന് മായിരുന്ന ചമക്കാനൊന്നും നേരില്ല ഒന്നിനൊന്നും നേരില്ല മായിരല്ലത് വെരുങ്ങുന്നത് വരെ അടുത്തത് എടുക്കാൻ പാട്ടില്ല പിന്നെ അവർ മതവ ചമക്ക നല്ലോണം നന്നാക്കി തീർക്കാം വൈ ഒരു മതകാലത്തൊക്കെ മെലർപ്പിച്ച് ഓരുന്ന രീതിയിൽ അതിന് അത്യാഗാണ് അപ്പൊ എന്നാലും മുടുവില്ല പിന്ന വല യു ശര വലുതാ എനിക്ക് ഭക്ഷണത്തിനൊരു അത്യാഗ്രഹം കൊണ്ട് എന്ത് പ്രകടമാക്കാൻ പാടില്ല ൾ കനയാട്ട വന്ന അതിനെ തൊട്ട് കനയാണെ കാണിക്കേണ്ടതെന്ന് അലച്ചവടെ ഓർമ്മ വേണ്ടി സുഹാമത്തേത് എന്താ ഈ സ്വന്തം താൽപ്പത്തിന് അതോ വേറ താല്പത്തിന് മുന്നേക്കില്ല ഈസാ എപ്പോൾ താമ കരീലാണെങ്കിലും കൊണ്ടുള്ളൂ പിന്നെ രണ്ടാൾക്കുണ്ടെങ്കിൽ തൊണ്ടില്ല ഔക്കാനത്തി അല്ലെങ്കിൽ ആ ഭക്ഷണത്തിൽ കൊണ്ട് സ്വന്തം കൊതിയുള്ളൊരു സാധനമുണ്ട് കൊതിക്ക് കുറഞ്ഞുപോയി എനിക്കുണ്ടെങ്കിൽ നിനക്കില്ല നിങ്ങൾക്ക് എനിക്കില്ല എന്ന് പറഞ്ഞ മാത് സ്വന്തം ആ താല്പര്യം കുറക്കരുത് അപ്പൊ പഴുക്കത്തി അപ്പൊ മറ്റുള്ള കൈന് കൊടുക്ക ഇതുപോലെ നല്ല നല്ല പോലെ അവ കൈരി മറ്റൊന്നെങ്കിൽ ഉണ്ടാവും ആ തമസാദ്യ അതിലേക്ക് ആവശ്യം നേരിടുന്ന ഒന്നാണ് ഭൂന വിറവിൻ ലാറ്റം പിന്നാലി വന്മ ആൽ ഇപ്പോഴോ ഭാവിയിലോ ഒരു നിറവ് വരാത്ത രീതിയിൽ നമുക്ക് ആദ്യത്തുണ്ടെന്ന് പറഞ്ഞു അതാണ് ഈസാറിൽ വരിക മറ്റേ അപ് വന്നിട്ടുണ്ടല്ല ആവശ്യം കഴിഞ്ഞിട്ട് മിച്ചം കൊടുക്കുന്ന പൊതുലാണെന്ന് പറയും ആവശ്യമുണ്ട് എന്തിച്ചുണ്ടാക്കുന്ന കുറച്ച് സഭോറാക്കിയിട്ട് കൊടുത്തക്കലാണ് ഈ താറിലുണ്ടാകുന്നത് ഡോക്ടർ മതം മാമസ് പറഞ്ഞുള്ള മതകീർത്തിണ്ട് അതിലെല്ലീത്ത ഈത്ത നല്ലുകാരായ സഹാബികളെ ആണ് ആയച്ചറങ്ങിയത് അപ്പോൾ ഈ തനമതി പുത്തിയതുപോലെ അനരാം പുത്തിയും മനോക്കാനമിയും സ്വന്തം